അവർ ഭൂമിയിലൂടെ സഞ്ചരിച്ച് തങ്ങൾക്ക് മുൻപുള്ളവരുടെ അന്ത്യം എങ്ങനെയായിരുന്നുവെന്ന് നോക്കിയില്ലേ അവർ ഇവരെക്കാൾ ശക്തിയുള്ളവരായിരുന്നു അവർ ഭൂമിയെ കൂടുതൽ വികസിപ്പിക്കുകയും വസിക്കാൻ യോഗ്യമാക്കുകയും ചെയ്തു അവരുടെ പ്രവാചകന്മാർ വ്യക്തമായ തെളിവുകളുമായി അവരുടെ അടുക്കൽ വന്നു അള്ളാഹുസുബാനഹുവത്ത ആല അവരോട് അനീതി കാണിക്കാൻ ഉദ്ദേശിച്ചിരുന്നില്ല മറിച്ച് അവർ സ്വന്തം ശരീരത്തോടാണ് അനീതി കാണിച്ചത്